ब्रह्म स्वभाव अवराधीन प्रवाशोभि प्रतिभासमानं प्रतिभानोभि नप्रतिभादीव पराधीनप्रवाशेव देवेंद्रadb्य भिन्नोपि अभिन्नैव भासते इदं संसारबीज अविद्यादि अनर्थनिर्भ्रणो प्रागअप्राप्तैव तस्मिन् सदि प्रतिभान प्राप्तैव भवति അവിദ്യ കൊണ്ട് നമ്പ് അപരാധീനപ്രകാശമായിരുന്നെങ്കിലും പരാധീനപ്രകാശം പോലെ തോന്നും വസ്തുത അത് സ്വയം പ്രകാശിക്കുന്നുണ്ടെങ്കിലും പ്രകാശിക്കാത്ത പോലെ തോന്നും ശരിക്കും ദേഹാന്തരിയാദികളിൽ നിന്ന് ഭിന്നമാണെങ്കിലും അഭിന്നമാണെന്ന് തോന്നുന്നു എല്ലാ വിദ്യ കൊണ്ടാണെന്ന് ചേർത്തോന്നു നിത്യപ്രാപ്തമാണെങ്കിലും അപ്രാപ്തം ബ്രഹ്മം നിത്യപ്രാപ്തമാണ് അതുകൊണ്ടാണ് നിത്യമുക്തമെന്ന് പറയുന്നത് അത് പറയുന്നത് എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത് ജ്ഞാനം ജ്ഞാനമെന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ജിജ്ഞാസ ഉള്ളവന്റെ ജിജ്ഞാസുവിൻ്റെ സ്വരൂപമാണ് ജിജ്ഞാസുവിന്റെ സ്വരൂപമാണ് ഞാൻ അപ്പോൾ അത് നിത്യമുക്തമാണ് അന്യ മുക്തി നേടേണ്ടതല്ല മുക്തമാണത് മുക്തമെന്ന് വെച്ചാൽ അത് അവിദ്യാരഹിതമാണ് സംസാരം ഇല്ലാത്തതാണ് ജനന മരണങ്ങൾ ഇല്ലാത്തതാണ് ബന്ധവും മോക്ഷവും ഇല്ലാത്തതാണ് അപ്പോ അതിനെ സാധാരണ പഴയകാലത്ത് എന്താണ് മോക്ഷം എന്ന് പറഞ്ഞാൽ പ്രാപിക്കേണ്ട ഒന്നുള്ളതാണ് ഒരു കാരണം ആദ്യകാലത്ത് മനുഷ്യൻ എന്താണ് മരിച്ചതിന് ശേഷം സ്വർഗ്ഗത്ത് പോകുന്നു സ്വർഗം പ്രാപിക്കുന്നു സ്വർഗം പോകി ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ധരിച്ചിരുന്നത് മരണശേഷം പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് സ്വർഗത്ത് പോകുന്നതാണ് ഒരു കാലത്ത് മോക്ഷം എന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് സ്വർഗപ്രാപ്തി എന്ന് പറയും അതുപോലെ ബ്രഹ്മത്തെ പ്രാപിക്കുകയല്ല മോക്ഷം എന്തുകൊണ്ടല്ല ബ്രഹ്മം ആരാണോ ബ്രഹ്മത്തെ പ്രാപിക്കേണ്ടവൻ അവന്റെ സ്വരൂപം തന്നെയാണ് അവനതാണ് സ്വരൂപം എന്ന് വെച്ചാൽ അവൻ അതാണ് പിന്നെ എങ്ങനെ പ്രാപിക്കും അപ്പൊ ബ്രഹ്മത്തെ പ്രാപിക്കാൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്ന മോക്ഷം അത് സാധിക്കില്ല അതുകൊണ്ടാണ് മോക്ഷസ്വരൂപമാണെന്ന് പറയുന്നു അതുകൊണ്ട് പറയുന്നത് നിത്യപ്രാപ്തമാണ് ഉദാഹരണം പറഞ്ഞ അഗ്നി അഗ്നിയുടെ പ്രകാശം എന്ന് പറയുന്ന അഗ്നിക്ക് നിത്യപ്രാപ്തമാണ് അഗ്നി ഒരിക്കലും പ്രകാശത്തെ പ്രാപിക്കത്തില്ല അവരാണ് ആത്മാവിന്റെ മോക്ഷം അത് ആത്മാവിന്റെ സ്വരൂപമാണ് അതുകൊണ്ട് ആ മോക്ഷത്തെ ആത്മാവിനെ പ്രാപിക്കാൻ കഴിയത്തില്ല ഇത് അദ്വൈതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തവും അദ്വവിധത്തിൽ മോക്ഷം പ്രാപിക്കുന്നില്ല അദ്വൈതത്തിൽ ആത്മാവ് തന്നെയാണ് മോക്ഷം മോക്ഷം എന്ന് പറയുന്നത് എന്താണ് ആത്മാവ് തന്നെയാണ് ഇപ്പൊ മോക്ഷമില്ലെന്ന് പറഞ്ഞാൽ ആത്മാവില്ലെന്നായി മോക്ഷംന്ന് പറയുന്നത് എന്താണ് ആത്മാവ് തന്നെ മോക്ഷമില്ലെന്ന് പറഞ്ഞ ആത്മാവില്ലെന്നു പോരും പ്രാപിക്കുന്നത് മോക്ഷമെന്നോ അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കുന്നതാണെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തെറ്റ് ആത്മാവ് തന്നെയാണ് അപ്പൊ ഇതാണ് അദ്വൈതത്തിലെങ്കിൽ പിന്നെ ആൾക്കാരെല്ലാം മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്ന എന്തുകൊണ്ട് എന്ത് ചോദ്യം പിന്നെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ശാസ്ത്രക്ക് പറഞ്ഞിട്ടുണ്ട് ശ്രവണം മനനം നിതിത്യാസനം ശാസ്ത്രീ പറയുന്നുണ്ട് മോക്ഷം നിത്യപ്രാപ്തമാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി ആൾക്കാർ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നു ഗുരുവെന്തിന് ശാസ്ത്രം എന്തിന് ഉപദേശം എന്തിന് അത് പറയുന്നു അത് പ്രാപ്തമല്ലാന്ന് തോന്നുന്നത് കൊണ്ട് അപ്രാപ്ത ഇവ ഒരാൾ പ്രാപ്തമല്ല എന്ന് കരുതുന്നു മോക്ഷം എന്റെ സ്വരൂപം ആണെന്ന് അറിയുന്നല്ല അതുകൊണ്ട് ഞാൻ മോക്ഷത്തെ പ്രാപിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് മോക്ഷത്തെ പ്രാപിക്കണം ഇങ്ങനെയൊക്കെ കരുതുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നോണ്ട് മോക്ഷത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളെന്ന അവിടെ ഉണ്ട് എന്നാണ് മോക്ഷത്തെ പ്രാപിച്ചിട്ടില്ല എന്നൊരാളന്നുകൊണ്ട് കരുതുന്നു അവിദ്യ ഉണ്ട് അവിദ്യയുള്ളവനാണ് കരുതുന്നത് ഞാൻ മോക്ഷത്തെ പ്രാപിച്ചിട്ടില്ല എനിക്ക് മോക്ഷത്തെ പ്രാപിക്കണം പിന്നെ എങ്ങനെയാ കരുതേണ്ടത് അവധിയില്ലാത്ത എന്താ കരുതുന്നത് നിത്യമുക്തനാണ് നിത്യമുക്തനെന്ന് വെച്ചാൽ ഞാൻ ഭൂതത്തിനും വർത്തമാനത്തിനും ഭാവിയിലും എല്ലാം മുക്തനാണ് അപ്പോ മോക്ഷത്തെ പ്രാപിച്ചിട്ടില്ല എന്ന് കരുതുന്നോണ്ട് മോക്ഷത്തിനുവേണ്ടി പരിശ്രമിക്കരുത് മോക്ഷത്തെ പ്രാപിച്ചിട്ടില്ല എന്ന് എന്തുകൊണ്ട് കരുതുന്നു ആ വിദ്യമുണ്ട് മോക്ഷം എന്ന് പറയുന്നത് എന്താണ് നിത്യപ്രാപ്തമാണ് എന്നുവെച്ചാൽ നിത്യമുള്ളതാണ് എന്നുവെച്ചാൽ മോക്ഷം ആരും നേടിയെടുക്കേണ്ട ഒരു കാര്യം അല്ല അദ്വൈതത്തില് ഇതാണ് അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മോക്ഷം ആരും നേടിയെടുക്കേണ്ടത് അല്ല അതെല്ലാവരുടെയും സ്വരൂപമാണ് എന്തുകൊണ്ട് ആത്മാവ് നിത്യമുക്തമാണ് ആത്മാവിൽ ബന്ധനമില്ല ആത്മാവിൽ ജനനമില്ല മരണമില്ല അതുകൊണ്ട് തന്നെ ആത്മാവിന് പ്രത്യേകിച്ച് ഒരു മോക്ഷമില്ല ആത്മാവ് സദാ മുക്തമാണ് എന്നാലും അവിദ്യ കൊണ്ട് തോന്നുന്നു ഞാൻ മുക്തനല്ല അങ്ങനെ തോന്നുകയാണെങ്കിൽ പരിശ്രമിക്കുന്നു നല്ല വേറെ വഴിയില്ല അപ്പം അവിദ്യ മാറിയാൽ അതെല്ലാം മാറും മോക്ഷത്തിനു വേണ്ടി പരിശ്രമിക്കുന്നു പരിശ്രമിച്ചു ഞാൻ മോക്ഷം നേടി ഇങ്ങനെയുള്ള എല്ലാ ഭ്രാന്തിയും മാറും ഇപ്പൊ പ്രാപ്തമായിരിക്കുന്ന മോക്ഷത്തെയാണ് മനുഷ്യൻ അന്വേഷിച്ചു നടക്കുന്നത് തനിക്ക് സിദ്ധമായിരിക്കുന്ന മോക്ഷത്തിന് വേണ്ടിയാണ് മനുഷ്യൻ സാധനങ്ങൾ ചെയ്തത് ഇതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഇതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അവധ്യമുണ്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്രാപ്തോ അവി അപ്രാപ്ത ഇവ എന്തുകൊണ്ട് അവിദ്യമുണ്ടെന്നുകൂടെ ചേർക്കാം ഇതിനാണ് ഒരു പ്രസിദ്ധമായ ഉദാഹരണം പറയുന്നത് എന്താണ് കഴുത്തിലുള്ളൊരു മാല ഒരാൾ അണിഞ്ഞിരിക്കുന്നു അയാൾ ചിലപ്പോൾ കഴുത്തിൽ മാല കിടക്കുക തന്നെ അവിടെ ഇവിടെ അലമാരിയില്ല അവിടെ ഇവിടെ തപ്പി നോക്കി എൻ്റെ മാല ഇവിടെ പോയി വാസ്തവത്തിൽ മാല പ്രാപ്തമാണ് തന്നെ ഉണ്ട് എന്നാലും അത് നഷ്ടമായതുപോലെ അതിനെ മറന്നിട്ട് അവിടെ ഇവിടേക്ക് അന്വേഷിക്കുന്നു അവസാനം അയാൾ കണ്ടെത്തുന്നു ആരോ പറഞ്ഞ എന്താ നമ്മുടെ കഴുത്തിൽ തന്നെയുണ്ട് അതിന് തന്നെ ഈ കണ്ണാടി മൂക്കലിരിക്കുന്ന സാധനം മൂക്കിക്കണ്ണാടി അവിടെ വെച്ചിട്ട് അന്വേഷിച്ചു കിടക്കുന്നു എവിടെ കാണുന്നില്ലല്ലോ ആരോ പറയുന്നത് ആ മൂക്കിൽ തന്നെ ഉണ്ട് ഇപ്പൊ അയാൾക്ക് ബോധം വരും ഇത്രേയുള്ളൂ കഴുത്തി കിടക്കുന്ന മാലയെ പുറത്തന്വേഷിക്കാന്ന് പറയുന്നത് ഒരു ബോധക്കേട് അത് തിരിച്ചറിയുമ്പോ ബോധക്കേട് മാറുന്നു മൂക്കിലിരിക്കുന്ന കണ്ണാടിയെ മേശപ്പുറത്ത് അന്വേഷിക്കാന്ന് പറയുന്നത് ഒരു ബോധക്കേട് അത് തിരിച്ചറിയുമ്പം ആരെങ്കിലും പറയും പോകാം മൂക്കിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ഇതുപോലെയാണ് മോക്ഷം മോക്ഷത്തന്റെ സ്വരൂപമാണ് പക്ഷെ ആ സ്വരൂപമായ മോക്ഷത്തിനെ തേടുന്നു മോക്ഷം തേടി മനുഷ്യ അനയുന്നു മൂക്കിലിരിക്കുന്ന കണ്ണാടിയെ എന്താ കാരണമെന്ന് ഒരു ബോധമില്ലായ്മ വേണമെങ്കിൽ ഒരു മറവിയെന്ന് പറയാം കഴുത്ത് കിടക്കുന്ന മാലയെ അലമാരി പോയി തിരക്കുന്നു അതൊരു മറവിയെന്ന് പറയാം എന്നാൽ നേരത്തെ അറിയമായിരുന്നു മറന്നുപോകും അപ്പൊ മറവി കൊണ്ടാണ് സംഭവിക്കുന്നത് അതാണ് ഉദാഹരണം ഇതുപോലെ മോക്ഷം തനിക്ക് ഉണ്ട് ഇപ്പൊ തന്നെ ഉണ്ട് എന്നാലും മോക്ഷത്തിനുവേണ്ടി ശ്രമിക്കുന്നെന്ന് പറഞ്ഞാ ഇവിടെ ഒരു ബോധക്കേട് കൊണ്ടാണ് കണ്ണാടി തരയുന്നത് ഓർമ്മക്കുറവെന്നും പറയാം മോക്ഷത്തിൽ എന്ത് ഓർമ്മക്കുറവാണ് എന്ത് ബോധക്കേടാണോ അവിടെ എന്താണ് ഇവിടെ ബോധക്കേട് അവിടെ എന്താണോ അതിനാണ് അവിദ്യ എന്ന് പറയും വിദ്യുന്നത് നായ അത് മൂടിയിരിക്കുന്നുണ്ട് ഒരാൾ ഞാൻ മുക്തനാണെന്ന് അറിയാൻ പറ്റുന്നു മറിച്ച് മുക്തിക്ക് വേണ്ടിയിട്ടും എല്ലായിടത്തും അറിവില്ലായ്മ എന്ന് പറയുന്ന എല്ലായിടത്തും ഇങ്ങനെയാണ് അറിയുന്നില്ല ഒരാൾ ഉപദേശിക്കുന്നു നീ ആണ് പത്താമത്തെ ബോധമുണ്ടാവും അപ്പോ എന്തുകൊണ്ടറിയുന്നില്ല എന്ന് ചോദിച്ചാ നമ്മുടെ ലൗഹിക ഉദാഹരണങ്ങളിൽ മാന അന്വേഷിക്കുന്നിടത്ത് കണ്ണാടി അന്വേഷിക്കുന്നിടത്ത് എല്ലാം അതിൽ സംഭവിച്ചിരിക്കുന്ന ഒരു മറവിയാണ് തന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു നേരത്തെ അറിയാമായിരുന്നു തൽക്കാലം മറന്നുപോയി അപ്പോ അതിനന്വേഷിക്കും അത് മറ്റൊരു വിഷയമാണ് അറിവിനെ അറിയാൻ പറ്റില്ല ഇത് ആ കാര്യമല്ല പറയുന്നത് ഇത് പറയുന്നത് എന്താണ് മോക്ഷം നമ്മള് പ്രാപിക്കേണ്ടതല്ല എന്തെങ്കിലും സാധനം ഉണ്ടാക്കി എടുക്കേണ്ടതല്ല ഇത് നിത്യ ഉം മറന്നുപോവല്ല ഇതിന് പറയുന്നു അവിദ്യ കൊണ്ട് ചെയ്യുന്നു ഞാൻ മുക്തനാണെന്നുള്ള കാര്യം അറിയുന്നില്ല സ്മൃതി ഇത് പറയുന്ന ഇതാണ് അവിദ്യ കൊണ്ട് അറിയുന്നില്ല അറിയില്ല അനേകാലും അവിദ്യയുടെ സമ്പർക്കം കൊണ്ട് എപ്പോഴും വിസ്മരിച്ചു അവിദ്യ കൊണ്ട് അറിയുന്നല്ല അതുകൂടെ വിസ്മരിച്ചു എന്ന് പറയാൻ പറ്റി ഒരുപാട് കാലത്തേതായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഇങ്ങനെ വരുന്ന അവിദ്യ അനാദിയാണ് ില്ല ജീവൻ നിത്യമുക്തനായിരുന്നു പക്ഷെ ജീവൻ എപ്പോഴും സമ്പർക്കത്തിൽ എപ്പോഴോന്നുകൊണ്ടല്ല അനാദിയാണ് എപ്പോഴെന്ന് പറയാൻ പറ്റില്ല നിരന്തരമായ അവിദ്യയുടെ സമ്പർക്കം എന്ന് പറയുന്നത് അനാദിയായി അവിദ്യ ഉണ്ട് അതുകൊണ്ട് അറിയുന്നില്ലെന്നേ അറിയാൻ പറ്റും പിന്നെ വിസ്മരണമെന്ന് പറയുന്നതിന് ഒരു കുഴപ്പമുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് വിസ്മരണമെന്ന് പറയുന്നിടത്ത് എന്താ സംഭവിക്കുന്നത് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളും മറക്കുന്നത് ഒരു കാര്യം മറക്കണമെങ്കിൽ എന്തുവേണം ആദ്യം അറിയണം അറിയാതെ മറക്കാൻ പറ്റില്ല അപ്പോ നേരത്തെ എനിക്ക് കണ്ണാടിയെ കുറിച്ച് അറിയാമായിരുന്നു തൽക്കാലം മറന്നുപോയി നേരത്തെ മാലയെ കുറിച്ച് അറിയാമായിരുന്നു മറന്നുപോയി അപ്പൊ മറക്കും ആത്മാവിനെ അറിഞ്ഞിട്ട് മറക്കുന്നല്ല മറ്റേ ദൃഷ്ടാന്തല്ലാത്ത ആത്മാവനെ അറിഞ്ഞിട്ട് മറന്നുപോകുന്നല്ലേ എന്തുകൊണ്ട് ആത്മാവനെ അറിഞ്ഞിട്ട് മറക്കുന്നല്ലേ എന്തുകൊണ്ട് ആത്മാവിനെ അറിഞ്ഞുകഴിഞ്ഞാൽ അജ്ഞാനം നശിക്കുന്നു അജ്ഞാനം എന്നുവെച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ എന്താണ് മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുക താൻ മുക്തനല്ല എന്നുള്ള വിചാരം ഇതെല്ലാം പോയി അപ്പോ അയാള് തന്നെ നിത്യമുക്തനാണെന്ന് അറിയുന്നു അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നുമില്ല എപ്പോഴെങ്കിലും ആത്മാവിനെ അറിഞ്ഞാൽ തന്നെ എങ്ങനെ അറിയുന്നു നിത്യമുക്തനായി അറിയുന്നു നിത്യമുക്തനായി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല പിന്നെ ആത്മാവിനെ പ്രാപിക്കണമെന്നോ ആത്മാവിനെ പ്രാപിക്കാൻ സാധന ചെയ്യണമെന്നോ ഒരാഗ്രഹം ഉണ്ടാവുന്നു അപ്പൊ ഇത് അറിഞ്ഞിട്ട് മറക്കുന്നല്ല പിന്നെന്താണോ ഇത് അറിയാതിരിക്കുന്നതാണ് രണ്ടു രണ്ടു കാര്യങ്ങൾ ഉദാഹരണം പൂർണമായും ശരിയല്ല ഉദാഹരണത്തിൽ പറയുന്ന എന്താണ് പറയുന്ന എല്ലാ ഉദാഹരണങ്ങളിലും അറിഞ്ഞിട്ട് മറക്കുന്ന ഉദാഹരണങ്ങൾ പറയുന്നത് ആത്മാവിനെ അറിഞ്ഞിട്ടാരും മറക്കുന്നില്ല ആത്മാവിനെ അറിഞ്ഞാൽ അജ്ഞാനം ദിക്കും അജ്ഞാനം എന്താ അയാള് പിന്നെ ഈ പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു പ്രശ്നം കൂടെ ഉണ്ടാവുന്നില്ല ആത്മാവിനെ പിന്നെ അന്വേഷിക്കുന്നില്ല ആത്മാവിനെ അറിയാൻ സാധന ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ആത്മാവിനെ റിഞ്ഞിട്ട് മറക്കുകയല്ല പിന്നെ ആത്മാവിനെ സംബന്ധിച്ചെന്താണ് ആത്മാവിനെ സംബന്ധിച്ചെന്താണ് ഉദാഹരണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആത്മാവിനെ സംബന്ധിച്ചെന്താ സംഭവിക്കുന്നത് അറിയുന്നില്ല രണ്ടും രണ്ടു കാര്യമാണ് മൂക്കിക്കണ്ണാടിയെ അറിഞ്ഞിട്ട് മറക്കുന്നു അവിടത്തെ പ്രശ്നം അതാണ് ആത്മാവിനെ അറിഞ്ഞിട്ട് മറക്കുകയല്ല പിന്നെയോ അറിയാതിരിക്കുന്നു അപ്പൊ ആത്മാവിനെ അറിയാതിരിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമില്ല അതിനൊരുദാഹരണമല്ല ഈ പറയുന്ന വിസ്മൃതകണ്ഠ ചാമരീകന്യായം ഈ മൂക്കി കണ്ണാടിയിട്ടു അതിന് ഉദാഹരണമേ അല്ല അതിനൊരു ഉദാഹരണം പറയാനില്ല ആത്മാവ് നിത്യമുക്തമാണ് പക്ഷെ മുഖ്യ കണ്ണാടി പോലെ ആ കാര്യം മറന്നിട്ട് പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവിടെ അറിഞ്ഞിട്ട് മറക്കുന്നു ആത്മാവിനാരും അറിഞ്ഞിട്ട് മറക്കില്ല അറിഞ്ഞു കഴിഞ്ഞാ അറിഞ്ഞത് തന്നെ അത് അവസാന തെറിവായിരിക്കും എന്താണ് അറിയാതിരിക്കുകയാണ് സംഭവിക്കുന്നത് അപ്പൊ അതിനെന്താ ഉദാഹരണം എന്താ പിടിച്ചിരിക്കുന്നു ഇവിടെ തന്നെ ഉണ്ടോ കേൾക്കുന്നുണ്ടാവുന്നു എനിക്ക് തോന്നുന്നുണ്ട് അറിവ് തന്നെയായിരിക്കുന്നത് അറിയാൻ ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ കാണിച്ചாருนะ చెవి കാണിച്ചாரு. ഇല്ല ഇല്ല. సోనిగా ఉంది. పరసన ఉన్నాయి బాణీ. আমি കേൾക്കുന്നോണ്ട്. കേൾക്കുന്നോണ്ട് ഷാബ്സൻ മൈൻ ദോ. ഓ ഷാബ്സൻസ് മൈൻ ദോ കേൾക്കുന്നണ്ട്. അണ്ട് നമ്മൾ നമ്മൾ വെച്ചേനെ ആ വിശാര വിശാര വഗിലെ തോന്നാതിരിക്കிற കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. എന്താണ് ആത്മാവിനെ ആത്മാവ് നിത്യപ്രാപ്തമാണ് പക്ഷെ മനുഷ്യ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നു മുക്തി നിത്യസിദ്ധമാണ് മോക്ഷത്തിനുവേണ്ടി ശ്രമിക്കുന്നു അതിനെന്താ ഒരു ഉദാഹരണം പറഞ്ഞത് മുഖി കണ്ണാടി മുഖിക്കയറ്റിവെച്ചിട്ട് അതിനന്വേഷിക്കുന്ന പോലെ എന്ന് പറഞ്ഞു അത് പ്രാപ്തമായതാണ് പക്ഷെ മുഖി കണ്ണാടിയുടെ കാര്യത്തിൽ എന്താണ് അത് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം മറന്നു പോകുന്നതാണ് പറഞ്ഞ കാര്യം എന്ത് ചെയ്യുന്നു മറന്നു പോകുന്നു അതാണ് അവിടെ സംഭവിക്കുന്നത് ആത്മാവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ആത്മാവ് നിത്യസിദ്ധമാണെങ്കിലും അവിടെ എന്താ സംഭവിക്കുന്നത് അതിനെ മനുഷ്യൻ അറിയുന്നില്ല അതാണ് അറിഞ്ഞിട്ട് മറക്കുന്ന എന്താ അറിഞ്ഞിട്ട് മറക്കുന്നു എന്ന് പറയുന്ന ഉദാഹരണം ഒരിക്കലും ആത്മാവിന് ചേരത്തില്ല പിന്നെ റിയാതിരിക്കുക എന്ന് പറയുന്നതിന് വേറെ ഉദാഹരണം പറയാനും ഇല്ല നിത്യപ്രാപ്തമായിരിക്കുന്ന ഒന്നിനെ എന്താണ് അറിയാതിരിക്കുന്നു അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്ന് പറയുന്നതിന് ഉദാഹരണമില്ല വേറെ ഉദാഹരണം പറയുന്ന കഴിഞ്ഞാല് ഈ നമ്മളിപ്പോ നമ്മള് നമ്മളെ കൈപ്പാതം കാണിച്ചിട്ട് എല്ലാം തേടുകളും മരണമെന്ന് അവയും പ്രത്യേകം ഇപ്പൊ നമ്മൾക്ക് ഒഴിച്ചു പറ്റാത്ത ഒരാളാണ് പ്രകാശം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ മാതിരി ഓൾവേസ് അവൈലബിൾ ആയിട്ട് ഉള്ളത് കൊണ്ട് നമ്മള് ഈ പിന്നെ അതിന് എന്താ പറയുന്നത് അഡ്വാൻറ്റേജായിട്ടൊറിയുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ പ്രകാശത്തിന്റെ കാര്യം അതെ അതെ ശങ്കരാത് പഠിക്കുന്നതുകൊണ്ട് അത് മറ്റൊരു കാര്യം ഈ പറയുന്ന എന്താണോ ഈ പറയുന്ന ഇവിടത്തെ പ്രശ്നത്തിനുമായിട്ട് ബന്ധമുള്ള കാര്യ ഇവിടെ പറയുന്നത് എന്താണോ നമ്മള് മുക്തമാണോ ഓരോരുത്തരും മുക്തരാണ് പക്ഷെ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കും എന്താ അതെന്താണ് എന്തുകൊണ്ടാണ് അത് പരിശ്രമിക്കുന്നു മുക്തരാണെങ്കിൽ അതിന് പരിശ്രമിക്കേണ്ട കാര്യമില്ല അത് പറയുന്നത് അത് മൂക്കില് കണ്ണാടിയിരിക്കുമ്പോ അതില്ലാന്നത് അത് കൊണ്ട് ഓർക്കാതെ ആ കണ്ണാടി അന്വേഷിക്കുന്ന പോലെയാണെന്നാണ് ഈ ഉദാഹരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആശയമാണ് യോജിക്കുന്ന എന്ന് എന്തുകൊണ്ട് നമ്മളെ മൂക്കിലിരിക്കുന്ന കണ്ണാടി നമ്മൾ ഒരിക്കലും അറിഞ്ഞതും പിന്നീട് മറന്നുപോകുന്നതുമാണ് പിന്നെ വേറെ ഇതിലൊരു എന്താ പറയുന്നത് ഒരു അറിയണമെന്നുണ്ടല്ല ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി ഉണ്ടോ ക്വാളിറ്റി ഉള്ളവർക്ക് മാത്രമേ അതും ഈ പറയുന്ന കാര്യമായിട്ടൊന്നും ഒരു ബന്ധമില്ല ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വേറെ ഇങ്ങനെ പഠിക്കുമ്പോഴും അനുഷ്ഠാനം ചെയ്യുമ്പോഴും ആ ക്വാളിറ്റി ഉണ്ടോ നമ്മളീ പറയുന്ന വിഷയമായിട്ട് ബന്ധം പോളിറ്റിക്കുന്ന വിഷയം മനസ്സിലാക്കുന്നില്ലാന്ന് ഞാൻ പറഞ്ഞ അതാണ് ആ അത് വേറെ വിഷയങ്ങള് ഇവിടെ ഇപ്പം ബ്രഹ്മസൂത്രത്തിൽ ഭാവന ചർച്ച ചെയ്യുന്ന വിഷയമല്ല ചിന്തിക്കുന്നു ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അല്ല ചിന്തിക്കുന്നു വേറെ എവിടെയൊക്കെ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന കാര്യം മനസിലാകത്തില്ല ഇവിടത്തെ ചോദ്യം ഇതാണ് നിങ്ങൾ മുക്തനാണെങ്കിൽ മുക്തിക്ക് വേണ്ടി എന്തിനു പരിശ്രമിക്കുന്നുണ്ട് നിങ്ങൾ മുക്തനാണ് അപ്പൊ നിങ്ങൾ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു അപ്പൊ പറയാൻ എന്താണ് ഞാൻ മുക്തനാണെന്ന് അറിയുന്നില്ല ഏതുപോലെ എന്റെ മൂക്കില് കണ്ണാടി കണ്ണാടി അവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നു കണ്ണാടി തരയുന്നു എന്ന് പറയാം പക്ഷെ ഈ ഉദാഹരണം ശരിയല്ലെന്നാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് കണ്ണാടി മൂക്കലിരിക്കുന്ന കാര്യം നേരത്തെ അറിഞ്ഞ കാര്യമാണ് ഇപ്പം മറന്നുപോയതാണ് മനസിലായോ നേരത്തെ അറിഞ്ഞ കാര്യം ഇപ്പം മറന്നുപോയതാണ് മുക്തി എന്ന് പറയുന്നത് അങ്ങനെയല്ല നേരത്തെ അറിഞ്ഞിട്ട് മറന്നുപോയതല്ല അപ്പൊ ഈ ഉദാഹരണം അവിടെ ചേരത്തില്ല ഒരു കാരണവശാല് കസ്തൂരിമാന്റെ കാര്യം പറയുന്നത് എന്താണ് കസ്തൂരിമാനിൽ നിന്ന് കസ്തൂരിമാൻ അതൊരു കഥയാണ് യാഥാർത്ഥ്യവായിട്ട് ബന്ധമുള്ളതല്ലേ ഇത് യാഥാർത്ഥ്യവായിട്ട് ബന്ധമുള്ളതാണ് ഈ കണ്ണാടിയുടെ കാര്യം നമ്മുടെ ജീവിത കാര്യമാണ് കസ്തൂരിമാൻ്റെ അറിയുന്ന പറയുന്നത് വെറുതൊരു കഥ മാത്രമാണ് അതും പറയുന്ന വേറെതാണ് എന്താണ് നമ്മുടെ എന്താണ് ഉപനിഷത്ത് പറയുന്ന നമ്മുടെ ഭൂമി കടയില് പക്ഷെ മനുഷ്യനെന്ത് ചെയ്യുന്നു ആ നിധിയുടെ മേളിൽ ഇരുന്നിട്ട് പട്ടിണി കിടക്കുന്നു അയാള് ഭിക്ഷിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പോ അവിടെ എന്താണ് ഭൂമിക്ക് അടിയല്ലിരിക്കുന്ന നിധിയെ കുറിച്ച് അവൾക്ക് യാതൊരു ധാരണയില്ല ധാരണയില്ല അങ്ങനെ ഭൂമിക്കടിയിലൊരു നിധി ഉണ്ടെന്ന് ഒരു ധാരണയില്ല അതുകൊണ്ട് തന്നെ നിധി അയാൾക്ക് പ്രാപ്തമല്ല അയാളെ സംബന്ധിച്ച് അയാൾ മരിക്കുന്നതുവരെ ചെയ്യുന്നു ഒരിക്കലും അറിയാതെ പോകുന്ന കാര്യമാണ് അയാൾ അവിടെ പട്ടിണിയുടെ ഒന്നും മരിക്കുന്നു അപ്പൊ അത് അയാളെ സംബന്ധിച്ച് പ്രാപ്തമല്ല ഇവിടെ പറയുന്ന അങ്ങനെയല്ല ഇത് പ്രാപ്തമായിരിക്കുന്നു എന്നാണ് എന്ത് മോക്ഷം എന്തുകൊണ്ടത് തന്റെ സ്വരൂപമായതുകൊണ്ട് അത് തനിക്ക് പ്രാപ്തമായിരിക്കുന്നു ഭൂമിക്ക് അടി കിടക്കുന്ന നിധി എന്ന് പറയുന്ന ഒരാൾ അതിനെ നേടിയെടുക്കുന്ന അത് പ്രാപ്തമുണ്ട് എന്തുകൊണ്ടത് അയാളുടെ സ്വരൂപമുണ്ട് മോക്ഷം തന്റെ സ്വരൂപമായതുകൊണ്ടെന്നാണ് അത് നിത്യ പ്രാപ്തമാണ് പക്ഷെ ആ നിത്യപ്രാപ്തമായിരിക്കുന്ന മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു പറയും എന്തുകൊണ്ട് പരിശ്രമിക്കുന്നു അതിനാണ് ഉദാഹരണം ഈ പറയുന്ന ഒരു ഉദാഹരണം ശരിയാവില്ല കാരണം ഒന്ന് കണ്ണാടി സംബന്ധിച്ച് അത് പ്രാപ്തമാണ് നിധി പ്രാപ്തമാണ് അറിഞ്ഞില്ലെങ്കിൽ അതങ്ങനെ പ്രാപ്തമാവും മണ്ണിന്റെ അടിയിടക്കെ കണ്ണാടി പ്രാപ്തമാണെന്നു കൊണ്ട് തന്റെ മൂക്കിൽ തന്നെ ഇരിക്കുകയാണ് ഇന്നുമ്പ് അറിഞ്ഞതുമാണ് പക്ഷെ അറിഞ്ഞിട്ട് മറന്നുപോകുന്നതാണ് മോക്ഷം അതുപോലെ അറിഞ്ഞിട്ട് മറന്നുപോകുന്നില്ല മോക്ഷം എന്ന് പറയുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറവിയുടെ പ്രശ്നം സാധ്യത അതുകൊണ്ട് ഈ ഉദാഹരണങ്ങളൊന്നും ഇതിന് ഉദാഹരണമല്ല ശരിക്കും പിന്നെ ഇതൊക്കെ പറയുമ്പോ ആൾക്കാർ കേട്ടിരുന്ന് തലമൊരുക്കും അത് നല്ല ഉദാഹരണമാണ് ഇതിന്റെ ഉദാഹരണമാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുവിന് അറിയത് വേറൊരാൾ പറഞ്ഞു കൊടുക്കുമ്പോഴത് ബോധ്യമാകുന്നു അതുപോലെ പഠിപ്പിക്കലൊക്കെ ദശമസ് തോമസിലെന്താണ് അയാള് തന്നെ ദശന ദശമനാണെന്ന് അറിയുന്നില്ല പറഞ്ഞു കൊടുക്കുന്നില്ല അറിയാതിരിക്കുന്നതിന് അയാളെ ബോധിപ്പിക്കുകയാണ് അതാണ് അങ്ങനെ നമ്മളെ അറിയാതിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളറിയുന്നുണ്ട് അതൊരു തർക്കമുള്ള കാര്യമില്ല ക്രിസ്റ്റുമസ് എന്ന് പറയുന്നു ഞാൻ പത്താമത്തവനാണെന്ന് അയാൾ അറിയുന്നില്ല അയാളെന്ത് ചെയ്യുന്നു പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ ഞാൻ പത്താമത്തവനാണെന്ന് അറിയുന്നു അത് ഓക്കേ അത് ശരിയാണ് ഇവിടെ അങ്ങനെയാണോ ഏഹ് ഇതിപ്പോ നമ്മൾ അറിയുന്ന ത്രിപുടി കൂടെ അറിയുന്നത് മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിപുടി അതീത ത്രിപുടി ഒന്നും ഇവിടെ കൊണ്ടുവരണ്ട് ആവശ്യം അത് പെട്ടെന്ന് എന്താ അത് നമ്മളിപ്പോ കേട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ഇവിടത്തെ പ്രശ്നം ഇതാണ് എന്താണ് നമ്മൾ അറിയുന്നില്ല നമ്മളറിയാത്തൊരു കാര്യമാണ് എന്ത് ആത്മാവിനെ നിത്യമുക്തമാണെന്നുള്ള കാര്യം പക്ഷെ നമ്മളതിനുവേണ്ടി പരിശ്രമിക്കുന്നു ഇതെന്ത് ഇതിന് ഇത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഉദാഹരണം പറയാനില്ല എന്നാണ് ഞാൻ പറയും എന്തുണ്ട് ഉദാഹരണം പറയാനാ ആത്മാവെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ അപ്പൊ ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മേ ഒന്നേ ഉള്ളൂ അപ്പൊ അവനൊരിക്കലും ഉദാഹരണം പറയാൻ പറ്റില്ല ആത്മാവെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ ആത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള അറിവില്ലായ്മയും ഒന്നേ ഉള്ളൂ പിന്നെ ആത്മാവിനെ അറിയുന്നതും അതേ ഉള്ളു അപ്പൊ ഇതിനൊരു ഉദാഹരണം പറയാൻ ഒരിക്കലും ലോകത്തിൽ നിന്നൊരു ഉദാഹരണം പറയാൻ ഒരിക്കലും പറ്റത്തില്ല അതിനൊരു ഉദാഹരണമില്ല പിന്നെ എന്താണ് ആൾക്കാരുടെ കണ്ണില് പൊടിയിടാൻ വേണ്ടി ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാരോ ഇത് ശരിയാണല്ലോ എന്ന് വിചാരിച്ചു ഈ ഉദാഹരണം ഇതിനു പറ്റി ഉദാഹരണങ്ങളല്ല മനസിലായ അതിനൊരു ഉദാഹരണം മനസ്സിലാക്കാൻ പറ്റില്ല ആത്മാവ് ഉള്ളൂ ആത്മാവിനെ കുറിച്ച് ഒന്നേ ഉള്ളൂ ആത്മാവിനെ കുറിച്ചുള്ള ഒന്നേ ഉള്ളൂ പിന്നെങ്ങനെ ഉദാഹരണം പറഞ്ഞു ഉദാഹരണം പറയാൻ പറ്റില്ല തുല്യമായ രണ്ടു വസ്തുക്കളുണ്ടെങ്കിലേ ഒന്നിനെ മറ്റൊന്നിനോട് ഉദാഹരണം പറയാൻ പറ്റും ഈ സ്വാമിയെ പോലെയാണ് മറ്റേ സ്വാമി എന്ന് പറയാ രണ്ടുപേരുള്ളൂ ആത്മാവിന് തുല്യമായി വേറെ ഒന്നുമില്ല ആത്മാവിനെ പോലെയുള്ള അറിവില്ലായ്മ വേറെ ഒന്നിനില്ല ആത്മാവിന്റെ അറിവ് വേറെ ഒന്നിനും ഇല്ല ഉദാഹരണം പറയും അതുകൊണ്ട് ഈ പറയുന്ന ഒരു ഉദാഹരണങ്ങളും ശരിയില്ല ദുരിതത്തിൽ സമ്മതിക്കുന്ന കാര്യമാണത് അതിന് പല അനേകവിദ്യയാണെന്നോ അവിദ്യേകമാണെന്നോ ഒക്കെയുള്ള തർക്കങ്ങളുണ്ട് അത് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ അറിവില്ലായ്മ ആത്മാവനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ ഒന്നേ ഉള്ളൂ അത് അവിദ്യ ഒന്നായിട്ടും പലതായിട്ട് രണ്ടു രീതി നടക്കുന്നുണ്ട് രണ്ട് പക്ഷങ്ങളുണ്ട് അതിന് ചില ഏക ഒന്ന് സ്വീകരിക്കും ചെറു പലതൊന്ന് സ്വീകരിക്കും പലതായിട്ട് സ്വീകരിക്കും എന്ന് ഈ ആത്മാവെന്ന് പറയുന്നത് ആത്മാവിനെ അറിയാതിരിക്കുന്ന അവിദ്യ എന്നൊക്കെ പറയുന്നത് എന്താണ് അദ്വൈതത്തിന്റെ സിദ്ധാന്തങ്ങളാണ് സിദ്ധാന്തങ്ങളായത് കൊണ്ട് തന്നെ അവന് വേറെ ഉദാഹരണമൊന്നും എടുക്കാൻ പിന്നെ അപ്പൊ പിന്നെ ശരിയോ തെറ്റോണോ എന്ന് ചോദിച്ച ഇങ്ങനെ ആത്മാവ് ആത്മാവ് നിത്യമുക്തമാണ് ആണെങ്കിലും നമ്മളതിനെ അറിയുന്നില്ല അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനു വേണ്ടി സാധന ചെയ്യുന്നു മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കും നീ പറയുന്ന ആശയങ്ങളൊക്കെ ശരിയാണോ നീ ചോദിച്ചാ എന്തുത്തരം പറയും ശരിയല്ല എന്താണ് എന്തുകൊണ്ട് ഇത് അവരവരുടെ വിശ്വാസമാണ് ശരിയോ തെറ്റെന്നുള്ള വിശ്വാസത്തില് എന്താണ് ശരിയും തെറ്റുമില്ല എന്തുകൊണ്ട് ശരീരം തെറ്റിണ്ടത് പേഴ്സണലാണ് പേഴ്സണലായ കാര്യങ്ങളാകുമ്പോള് മറ്റൊരാളുടെ ശരീരം തെറ്റൊന്നും അവിടെ പ്രസക്തിയില്ല വിശ്വാസമാണ് അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത് വിശ്വാസമായതുകൊണ്ടാണ് നിലനിൽക്കുന്നത് എനിക്ക് മോക്ഷം കിട്ടണം എന്റെ ആത്മാവ് മോക്ഷം മുക്തമാണ് എന്നാലും ഞാൻ മോക്ഷത്തിനുവേണ്ടി പരിശ്രമിക്കുന്നു അങ്ങനെ എന്റെ ഉള്ളിൽ ബോധമുണ്ടാകുന്നു എന്റെ അജ്ഞാനം ദശിക്കുന്നു ഞാൻ മുക്തനാകുന്നു ഇതൊക്കെ മനുഷ്യന്റെ വിശ്വാസമാണ് വിശ്വാസമായതുണ്ടാക്കുന്ന ശരിയും തെറ്റും നോക്കിട്ട് കഴിയും പിന്നെ ഇവിടെ എന്താ ശ്രമിക്കുന്നത് ഉദാഹരണങ്ങളിലൂടെ ഇതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുക അതിനെ യുക്തി കൊണ്ടുവരികയാണ് യുക്തി ഈ ഉദാഹരണത്തിലൂടെ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഈ കഴുത്തി കിടക്കുന്ന മാല മറന്നുപോകുന്ന പോലെയാണ് അതുപോലെയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ യുക്തിയിലൂടെ ഇങ്ങനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഈ ഉദാഹരണങ്ങൾ യുക്തി വേണ്ട പൊരുത്തപ്പെടുന്നില്ലല്ലോ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അദ്വൈതയോട് അദ്വൈതത്തെ അങ്ങനെ യുക്തിയിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ല യുക്തിയിലൂടെ പറയുമ്പോൾ ഉദാഹരണം കൊണ്ടുവരേണ്ടി വരും ഉദാഹരണം കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായും വിശദീകരിക്കാൻ പറ്റത്തില്ല അതിന് വീണ്ടും എവിടെ പോയേണ്ടി വരും തിരിച്ച് വിശ്വാസത്തിലേക്ക് പോയേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ ആണെങ്കിൽ മാത്രം അദ്വൈതത്തിന്റെ പിറകെ പോയാൽ മനസിലായോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് ഇങ്ങനെ വിശ്വസിക്കുന്ന എന്താണ് ഞാൻ മുക്തനാണ് പക്ഷെ ഞാൻ അറിയുന്നില്ല അറിയാത്തോണ്ട് ഞാൻ മുക്തിക്ക് പരിശ്രമിക്കുന്നു ഞാൻ അറിയുമ്പോൾ മുക്തിയുടെ പരിശ്രമമൊക്കെ അവസാനിക്കുന്നു ഏതുപോലെ അത് പറയാൻ പറ്റില്ല അതിനു തുല്യം അത് മാത്രം വേറൊന്നുമില്ല അതുകൊണ്ട് ഈ ഉദാഹരണങ്ങളൊക്കെ എല്ലാം പര്യാപ്തമുണ്ട് പിന്നെ വിശദീകരിക്കാൻ ഇതൊന്നും പര്യാപ്തമല്ല പിന്നെ ശങ്കരാചാര്യർക്ക് ഇതൊക്കെ വിശദീകരിക്കുമ്പോ ഇവർക്കൊക്കെ ഒരു വലിയ ന്യൂനതയുണ്ടായിരുന്നു എന്തായിരുന്നു ആ ന്യൂറോ സെൻസ് അറിയില്ലായിരുന്നു അത് കുറച്ച് അറിഞ്ഞിരുന്നെങ്കിൽ മറ്റേതെങ്കിലും മഴയിലൂടെ അവർ വിശദീകരിച്ചു അതറിയാത്താണ് പ്രശ്നം നമ്മുടെ ബ്രെയിന് ബോഡി സ്കീമ എന്ന് പറയുന്നൊന്നു കേട്ടിട്ടുണ്ടോ ബോഡി സ്കീമ എന്നുവെച്ചാൽ നമ്മുടെ ഈ ബോഡിയെ കുറിച്ച് ബ്രെയിനൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കൈ കാല് ഭാരം നമ്മുടെ മൂവ്മെന്റുകൾ എല്ലാ കാര്യങ്ങളും കുറിച്ചും ബോൾ ബ്രെയിനൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബോഡി സ്കീമെന്ന് പറയുന്നു ഈ കണ്ണാടി എടുത്ത് ഞാനിങ്ങനെ കണ്ണില് വെച്ചുകഴിഞ്ഞാല് കുറച്ച് ദിവസം അവിടെ ഈ കണ്ണാടി ഈ കണ്ണാടി ബോഡി സ്റ്റീമെയ്യപ്പെടും ഇത പിന്നെ ബ്രെയിൻ ഈ ഇതിനെ കൂടെ നമ്മുടെ ബോഡിയുടെ ഒരു ഭാഗമായിട്ടങ്ങ് സ്വീകരിക്കും കണ്ണാടിയാണെന്ന് അതിനറിയാം പക്ഷെ അതെന്തെയ്യും ഈ കയ്യും താലും പോലെ തന്നെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇതിനെക്കൂടെ അങ്ങ് സ്വീകരിക്കും അങ്ങനെ സെൻസറി അഡാപ്റ്റേഷൻ എന്താണ് അപ്പോ ഇതിനെ കൂടെ അഡാപ്റ്റ് ചെയ്യും അങ്ങനെ വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുടെ ശരീരത്തിൽ അങ്ങനെയുണ്ട് നമ്മളുടെ ശ്രദ്ധ അതിൽ നമ്മുടെ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്ന ഒരു സമയം അതിന് രണ്ടോ മൂന്നോ മെമ്മറി കൂടുതൽ നമ്മുടെ ബ്രെയിൻ താങ്ങാൻ പറ്റി അത് പറ്റത്തില്ല ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ അതിനങ്ങനെ ഓർത്തുവെക്കാൻ പറ്റത്തില്ല വർക്കിംഗ് മെമ്മറി കുറച്ചേ ഇരിക്കും പിന്നെ ബ്രെയിൻ ഓവർലോഡ് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ മറന്നു കണ്ണാടിയിട്ട് പല കാരണങ്ങൾ കൊണ്ടും ഇതിനെ ബ്രെയിൻ ഓർക്കത്തില്ല ഓർക്കാതിരിക്കുമ്പോഴാണ് നമ്മള് പെട്ടെന്ന് കണ്ണാടി എവിടെയെന്ന് ചിന്തിക്കുന്നത് അപ്പം ബ്രെയിൻ എന്ത് ചെയ്യും എല്ലാടും സ്കാൻ ചെയ്യുക അതിന് പരിചയമുള്ള സ്ഥലങ്ങളിലെല്ലാം സ്കാൻ ചെയ്യുന്നു അവിടെയൊന്നും കാണത്തില്ല സാറിന് അതിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സ്കാൻ ചെയ്യാണ് പക്ഷേ ഇതന്നെ അതെങ്ങനെയാണ് കണക്കാക്കിയത് നമ്മുടെ ബോഡിയിലെ പാർട്ടായിട്ടാണ് അപ്പോ പിന്നീട് കുറച്ചുകൂടി കോൺസെൻട്രേഷൻ വരുമ്പോഴത്തേക്ക് അപ്പോ ബ്രെയിൻ കള്ളെത്തുവാ ും പറഞ്ഞു അവനെ തിരിച്ചറിയുന്നു അവന് കുറച്ച് സമയം എന്തു ചെയ്യും ബ്രെയിന അതിനെ കുറിച്ചുള്ള ബോധമില്ലാതെ അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അറിയാതിരിക്കുന്നത് അപ്പോ ആത്മാവിനെ സംബന്ധിച്ചതൊന്നും പറയാൻ പറ്റില്ല കാരണം ആത്മാവിനെ കുറിച്ച് അവർ പറഞ്ഞപ്പോ അവർക്ക് ബ്രെയിനിനെ കുറിച്ച് അറിയില്ലായിരുന്നു ബ്രെയിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയത്തില്ല ഇതൊക്കെ ബ്രെയിനാണ് ഈ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അവർക്കറിയത്തില്ല അതുകൊണ്ട് അവർ വിചാരിച്ചെന്താണ് ആത്മാവ് മനസ്സ് രണ്ടു കാര്യങ്ങളുള്ള ബ്രെയിനില്ല അപ്പോ ആത്മാവിനെ മനസ്സുകൊണ്ടാണ് അറിയുന്നതെന്ന് അവര് മനസ്സിലാക്കി ആത്മാവെന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമാണ് അതിന് വേറെ തെളിവൊന്നുമില്ല ഉണ്ടാ അതിന് തെളിവൊന്നുമില്ല ഒരു സിദ്ധാന്തം മാത്രമാണ് അപ്പോ ഒരു സിദ്ധാന്തമായിട്ടത് പറയുമ്പോ അതിനെ വിശ്വസിക്കുന്നു ആ ആത്മാവാണ് അവിശ്വസിക്കുമ്പോഴാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത് അത് മുക്തമാണ് അപ്പൊ ആ വിശ്വാസത്തിനനുസരിച്ച് ആത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നു പിന്നെ ആത്മാവിനെ അറിയുന്നു ആത്മാവിനെ അറിയുന്നു പറയുന്നു മനുഷ്യന്റെ വിശ്വാസമാണ് അജ്ഞാനം നശിക്കുന്നു മുക്തനായി നമ്മൾ വിശ്വസിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇതെല്ലാം വിശ്വാസത്തിന്റെ തരത്തില സംഭവിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വാസമില്ലാത്ത രീതിയിൽ എനിക്കരുത് അറിയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഇതിന് വേറെ ഉദാഹരണം ഒന്നും ഇല്ല ഇതിന് വേറെ ഉദാഹരണം ഒന്നും കിട്ടത്തില്ല സിദ്ധാന്തമായിട്ട് ഇങ്ങനെ പറയാനേ പറ്റും ഇതാണ് ഞങ്ങളെ സിദ്ധാന്തം ഇങ്ങനൊക്കെ തന്നെ നേരത്തെ പഠിച്ചത് പഠിച്ചുകൊണ്ടിരിക്കുക അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഈ വിഷയം അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ടാ പറയുന്നത് എന്താണോ മോക്ഷം നേടിയിട്ടുണ്ടെങ്കിലും മോക്ഷം എന്റെ സ്വരൂപമാണെങ്കിലും മനുഷ്യൻ മോക്ഷത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന ഒരു വലിയ സിദ്ധാന്തമാണ് അദ്വൈതത്തിന്റെ സിദ്ധാന്തമാണെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പല സിദ്ധാന്തങ്ങളുണ്ട് അതിന്റെ ഒരു സിദ്ധാന്തം അതിന് പിന്നെ നമ്മള് ശരിയതായിട്ടോന്നും ചിന്തിക്കേണ്ട കാര്യം ഇല്ല എന്റെ ആവശ്യമില്ല ഇനി ആർക്കെങ്കിലും തോന്നുകയാണ് എനിക്ക് മോക്ഷം കിട്ടിയെന്ന് തോന്നിയോ കൊഴപ്പില്ല അങ്ങനെ ഇരുന്നോട്ടെ എന്താ പ്രശ്നം അനന്ത കുഴപ്പം എനിക്ക് മോക്ഷം ബ്രഹ്മസൂത്രം പിടിച്ചു മോക്ഷം കിട്ടി നല്ല കാര്യം എന്താ കൊഴപ്പം അനന്തോഷം അത് മനുഷ്യന്റെ വിശ്വാസമാണ് ജീവിതം തന്നെ മനുഷ്യനെ പലതും വിശ്വസിച്ചല്ലേ ജീവിക്കുന്നു ഇതും വിശ്വസിക്കാൻ എന്താ എന്നും വേണം മനസ്സില് ശരിയായി മനസിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ഇതുവരെ എങ്ങനെ പഠിച്ചാലും അതുകൊണ്ട് ഇത് ഓരോ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് തസ്പെൻസ് സംസാരമുണ്ടായിക്കഴിയുമ്പോ ആത്മാവ് പ്രാപിച്ചതുപോലെ തോന്നുന്നു അല്ലെങ്കിൽ മുക്തിയെ പ്രാപിച്ചതുപോലെ തോന്നുന്നു അപ്പോ മോക്ഷത്തെ പ്രാപിച്ചിട്ടില്ല എന്ന് കരുതുന്നതും പിന്നീട് മോക്ഷത്തെ പ്രാപിച്ചു എന്ന് കരുതുന്നതും എന്തുകൊണ്ടാണ് അവിദ്യ എന്ന കാരണം പ്രാപിച്ചിട്ടില്ല എന്ന് കരുതുന്നിടത്ത് ഞാനും ഇല്ല ടുത്ത് എന്താണ് ജ്ഞാനം വന്നു അജ്ഞാനം നശിച്ചു അപ്പോൾ അയാൾ എന്ത് ധരിക്കുന്നു ആ ഞാൻ നിത്യമുക്തനാണെന്ന് ധരിക്കുന്നു പ്രാപിച്ച നിത്യ മുക്തനാണ് മുമ്പും ഞാൻ ഈ ജ്ഞാനമൊക്കെ ഉണ്ടാകുന്നതിനും മുമ്പും ഞാൻ മുക്തത്തില്ലെന്നല്ലേ പറയുന്നു ഒരാൾക്കിങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ജ്ഞാനം ജ്ഞാനം ഉണ്ടാകുമ്പോയാലും ധരിക്കുന്ന എന്താണ് ഈ ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പും ഞാൻ മുക്തനായിരുന്നു ഇപ്പം ജ്ഞാനം ഉണ്ടാകും ഇപ്പോഴും ഞാൻ മുക്തനാണ് ഇനി ജ്ഞാനം നശിച്ചുപോയി കഴിഞ്ഞാലും ഞാൻ മുക്തനായിരിക്കും അപ്പോ ഇത് ഈ പറയുന്നതാണ് ഞാനും ഏത് മുമ്പും ഞാൻ മുക്തനായിരുന്നു ഇപ്പോൾ ഞാൻ മുക്തനാണ് എന്നും ഞാൻ മുക്തനായിരിക്കും എന്ന് അറിയുന്നതാണ് ഞാൻ ആ അറിവിനെയാണ് പറയുന്നത് ഇവിടെ അപ്പോ ഇത് ശരിക്കും മുക്തിയെ പ്രാപിച്ചതല്ല മറിച്ചത് പ്രാപിച്ചത് പോലെയാണെന്ന് പറയുന്നതാണ് ഞാൻ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അത് അജ്ഞാനമായി മനസിലായോ പ്രാപിച്ചു പ്രാപിച്ചു എന്ന് പറഞ്ഞാ എന്തായിപ്പോവും ഞാൻ മോക്ഷത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാ എന്താണത് അത് അജ്ഞാനം അവിദ്യ മനസിലായോ ഞാൻ മോക്ഷത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ മോക്ഷത്തെ പ്രാപിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ അത് എന്താണ് തെളിയിക്കുന്നില്ല അതാണ് ജ്ഞാനം ഞാൻ മോക്ഷത്തെ പ്രാപിച്ചതുപോലെ ആണ് എന്ന് പറയുന്നാണെന്ത് ജ്ഞാനം എന്തുകൊണ്ട് അവിടെ അവൻ ഞാൻ മോക്ഷത്തെ പ്രാപിച്ചു എന്ന് കരുതുന്നില്ല എന്തുകൊണ്ട് മോക്ഷം അവന് സിദ്ധമായിരിക്കുന്നു അവൻ നിത്യമുക്തനാണ് പക്ഷെ നിത്യമുക്തനായിരിക്കുന്ന അവൻ ഈ സാധനൊക്കെ ചെയ്തു ഒരു ജ്ഞാനം ഉണ്ടായി ഞാൻ ആത്മാവുമാണെന്ന് അപ്പം അവൻ പറയാണ് നേരത്തെ തന്നെ ഞാൻ മുക്തനായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് ഞാനും സമ്പാദിച്ചപ്പോൾ ഞാൻ മുക്തനായതുപോലെ തോന്നുന്നു എന്തുകൊണ്ട് ഞാൻ എന്നും മുക്തനാണ് എനിക്ക് മുക്തനാകേണ്ട ആവശ്യം ഇല്ല അപ്പൊ ഞാൻ മുക്തൻ പ്രാപ്ത യുവ എന്ന് പറയുന്നാണെന്ത് ഒന്നുകൂടെ ചേർക്കണം എന്താണ് ഞാൻ മുമ്പ് മോക്ഷം പ്രാപിക്കാത്തവനാണെന്ന് കരുതിയിരുന്നു എന്ന് പറയുന്നത് എന്താണ് അതും ജ്ഞാനമാണ് ഞാൻ ഇതുവരെ മോക്ഷം പ്രാപിച്ചില്ല എന്നാണ് കരുതിയിരുന്നത് എന്ന് പറയുന്നത് ജ്ഞാനം ഇപ്പം മോക്ഷത്തെ പ്രാപിച്ചതുപോലെ തോന്നുന്നു ഇതും ജ്ഞാനം പിന്നെ അജ്ഞാനം എന്താണ് ഞാനാണെങ്കിൽ അജ്ഞാനം എന്താണ് എന്ന് പറഞ്ഞപ്പോ ഒന്നുകൂടെ ഞാൻ പറയാം ഞാൻ മുമ്പ് മോക്ഷത്തെ പ്രാപിച്ചിട്ടില്ല എന്ന് പറയുന്ന എന്താണ് അജ്ഞാനം അങ്ങനെ പറയുന്നത് അജ്ഞാനമാണ് ഞാനിപ്പോ മോക്ഷത്തെ പ്രാപിച്ചു എന്ന് പറയുന്നത് എന്താണ് ഏ അതും അജ്ഞാനമാണ് ഞാൻ മോക്ഷത്തെ ഇതുവരെ പ്രാപിച്ചിട്ടില്ല കരുതുന്നത് അജ്ഞാനം ഞാനതായിപ്പോ മോക്ഷത്തെ പ്രാപിച്ചു എനിക്ക് ജ്ഞാനം ഉണ്ടായിന്ന് കരുതുന്നത് അജ്ഞാനം പിടികിട്ടുന്നില്ല എല്ലാം തലതിരിച്ചു പഠിച്ചു വച്ചിരിക്കാണ് ഏ അതല്ല അത് സംഗീതം പഠിക്കും പോലെയാണ് സംഗീതം പഠിക്കുമ്പോ ആദ്യം എന്ത് മൃദംഗം പഠിക്കുന്നു തരികിടത ഇതാദ്യം പഠിക്കുമ്പോൾ തെറ്റിച്ചു പഠിച്ച മുഴുവൻ പിന്നെ തെറ്റായിപ്പോ സംഗീതത്തിന് അങ്ങനെ ഒരു ആദ്യം പഠിക്കുമ്പോൾ തെറ്റിച്ച് പിടിച്ചാ പിന്നെ ശരിയാക്കും വല്യ ആദ്യമേ പഠിക്കുമ്പോ എന്ത് ചെയ്യണം താളങ്ങളെല്ലാം കറക്റ്റായി പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല സംഗീതജ്ഞനാണ് അതുപോലെയാണത് ഞാൻ മോക്ഷത്തെ പ്രാപിച്ചു ഇന്ന് വരെ ഞാൻ മോക്ഷത്തെ പ്രാപിച്ചിട്ടില്ല എന്നാണ് കരുതുന്നത് ഇതുവരെ ഞാൻ മോക്ഷത്തെ പ്രാപിച്ചിട്ടില്ല ഇത് ഞാനാണോ ജ്ഞാനമാണോ ഞാൻ ഇപ്പോ എനിക്ക് ജ്ഞാനം ഉണ്ടാകാൻ ഞാൻ മോക്ഷത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഞാനാണോ എന്താ പിന്നെ ഇനി ജ്ഞാനം എന്താണെന്ന് നിങ്ങള് പറയണു ഇത് രണ്ടുപേരെ ജ്ഞാന ഇനി ജ്ഞാനം എന്താണോ മോക്ഷത്തെ പ്രാപിച്ചത് ആ ഞാൻ ഞാൻ മോക്ഷത്തെ പ്രാപിച്ചതുപോലെ എന്ന് പറയുന്ന ഞാനും പിന്നെ ഒന്നുകൂടെയുണ്ട് ഒന്നുകൂടെ ഉണ്ട് എന്താണ് ഞാൻ നിത്യമുക്തനാണ് ഇതാണ് ഞാൻ ഞാൻ നിത്യമുക്തനായ ഞാൻ ചേർത്ത് പറഞ്ഞാൽ നിത്യമുക്ത മുക്തനായിരിക്കുന്ന ഞാൻ ഇപ്പോൾ മോക്ഷത്തെ പ്രാപിച്ചതുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്നതാണ് ഞാൻ ഇതാണ് അന്വീം അന്ദ്വീയത്തിന്റെ ഏറ്റവും ർമ്മ പ്രധാനമായ ഭാഗമാണ് ഇതറിഞ്ഞത് മനസിലായ ഇത് അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ് ഓർത്തു വെക്കേണ്ട കാര്യ അതാണ് ഇവിടെ പറയുന്നത് അതാണ് അതിന്റെ ആദ്യം പറഞ്ഞെന്താണ് സംസാര अनादि, അനാദി അനടത്ത നിബർഹണാർ എന്ന് പറഞ്ഞു ഇതൊക്കെ ഇപ്പൊ സംഭവിക്കുന്നത് സംസാരത്തിന് ബീജമായിരിക്കുന്ന അനാദിയായ അവിദ്യയെ നശിപ്പിച്ചാൽ അപ്പോഴാണ് പറയുന്നത് ഞാൻ നിത്യമുക്തനായിരുന്നു ഇപ്പോ മോക്ഷത്തെ പ്രാപിച്ചതുപോലെ ഇരിക്കുന്നു അപ്പൊ ഞാൻ ഒരാൾ ഉറപ്പിച്ചു പറയുകയാണെങ്കിൽ ഞാൻ മോക്ഷത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അത് അജ്ഞാനമാണ് എന്തുകൊണ്ടത് എന്തുകൊണ്ടത് അജ്ഞാനമായി നിത്യപ്രാപ്ത നിത്യപ്രാപ്തമാണ് അതിന് പിന്നെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അത് അജ്ഞാനമാണ് ഇത് മനസ്സിലായ എല്ലാം മനസ്സിലായി നാളെ ചോദിക്കുമ്പോ അറിയ നാളെ ചോദിക്കുമ്പോൾ അറിയാം എന്താണ് ജ്ഞാനം എന്താണ് അജ്ഞാനം ഇത് പുരുഷയുടെ അർത്ഥമാനത്തോ പുരുഷാർത്ഥി അതുകൊണ്ട് ഇതെല്ലാം വിശദീകരിച്ചിട്ട് പറയാണ് അതുകൊണ്ട് എന്താണ് മോക്ഷം എന്ന് പറയുന്നത് പുരുഷാർത്ഥമാണ് എന്തുകൊണ്ട് പുരുഷന്മാരെ ആഗ്രഹിക്കുന്നുണ്ട് പുരുഷൻ എന്ന് വെച്ചാൽ ജീവൻ ജീവന്മാരുന്നു അതുകൊണ്ടാണ് അതിനെ പുരുഷാർത്ഥം അപ്പൊ ഈ മോക്ഷത്തെ ശരിക്കും മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ടോ ഉം ഉണ്ടോ ഉം സുഖം മോക്ഷത്തെ ആഗ്രഹിക്കുന്നുണ്ടോ അതായത് മോക്ഷം എന്താണെന്നുള്ളതിനനുസരിച്ചിട്ടാണ് മോക്ഷം എന്ന് പറയുന്നത് ദുഃഖത്തിൽ നിന്നുള്ള മോചനമാണെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മോക്ഷം എന്ന് പറയുന്ന സുഖമാണെങ്കി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് മോക്ഷം എന്ന് പറയുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനമാണെങ്കിൽ അതെല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്നതാണ് പിന്നെ അവിടെ തർക്കം വരുന്നത് എന്താണ് എന്താണ് ദുഃഖം എന്താണ് ദുഃഖത്തിൽ നിന്നുള്ള നിവൃത്തി എന്താണ് സുഖം എന്താണ് സുഖപ്രാപ്തി എന്താണ് ബന്ധനം എന്താണ് ബന്ധനത്തിൽ നിന്നുള്ള മോചനം ഈ കാര്യങ്ങളിലൊക്കെയാണ് തർക്കം മറിച്ച് പുരുഷാർത്ഥം എന്നൂടെ പറഞ്ഞ ശരിയാ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്താണ് ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം അതെന്താണ് അതെങ്ങനെ സാധിക്കാനൊക്കെയാണ് തർക്കമാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നതിൽ ആർക്കും തർക്കിക്കേണ്ട അദ്വൈതി പറയുന്ന രീതിയിൽ ജ്ഞാനമുണ്ടായി അജ്ഞാനം നശിച്ച് മോക്ഷം എന്ന് പറയുന്നതാണ് എന്നൊക്കെ അദ്വൈതി പറയുന്ന രീതി പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കില്ല അവിടെയാണ് തിർക്കം പക്ഷെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് പുരുഷാർത്ഥം മനുഷ്യന് ദുഃഖത്തിൽ നിന്ന് മോചനം വേണം അതെല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പുരുഷാർത്ഥ സത്യമാണ് അതെങ്ങനെയാണ് എന്നുള്ള എന്റെ വിശദീകരണങ്ങളിലാണ് തർക്കമാണ് ഓരോ മതത്തിനും വേറെ വേറെയാണ് ദർശനങ്ങൾക്ക് വേറെ വേറെയാണ് വ്യക്തികൾക്ക് വേറെ വേറെ അങ്ങനെ പ്രധാന പല വിഷയങ്ങളും ചർച്ച ചെയ്തു കഴിഞ്ഞ നാളെ ചോദിക്കാം ശരിയായ